ിയ സഹോദരനിലൂടെ കേട്ട കാര്യങ്ങളെ നമുക്ക് ഒന്ന് യോഹന്നാനിലെ ഒരു വാക്യം വായിച്ചുകൊണ്ടാണല്ലോ സഹോദരനെ തുടങ്ങിയത് ഒന്ന് യോഹന്നാനിലെ ആ വാക്യം നമ്മളെ അമ്പരപ്പിക്കുന്ന ഒരു വാക്യം എന്ന് വെച്ചാൽ ഈ വാക്യങ്ങളെല്ലാം നമ്മളങ്ങ് കാണാതെ പഠിച്ച് പഠിച്ച് ഇതിൻ്റെ ഒരു അതിൻ്റെ ഒരു നടുക്കമൊന്നും നമുക്ക് പലപ്പോഴും തോന്നുകയില്ല ആ തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ബാക്കി നമുക്കറിയാം എന്നാൽ ഈ വാക്യം എന്താ പറയുന്നത് ഒന്ന് യോഹന്നൻ രണ്ടാമധ്യായം അതിൻ്റെ ഇരുപത്തി ഇരുപത്തിയെട്ടാമത്തെ വാക്യം ഇനിയും കുഞ്ഞുങ്ങളെ ആരാത് നമ്മളാ യോഹന്ന കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ച് പറയുമ്പോൾ സഭയിലുള്ള നമ്മളാ അപ്പം നമുക്ക് വേണ്ടിയുള്ള കാര്യമാണേ വെളിയിലുള്ളവർക്ക് വേണ്ടിയുള്ളതല്ല നമുക്ക് വേണ്ടിയുള്ള ഇനിയും കുഞ്ഞുങ്ങളെ അവൻ പ്രത്യക്ഷനാകും ആര് ആര് പ്രത്യക്ഷനാകും കർത്താവ് രണ്ടാമത് അതിനെക്കുറിച്ചുള്ള പാട്ടുകളൊക്കെയാണല്ലോ നമ്മൾ പാടിയത് വിശുദ്ധിയെ തേച്ച് ഒരുങ്ങി നിൽക്കണമെന്നും കർത്താവ് വരുമെന്നും ഒക്കെയാണ് നമ്മൾ പാടിയത് ആ കർത്താവ് വരുമ്പോൾ നമുക്ക് എന്തുണ്ട് നമുക്ക് പ്രതിഫലമുണ്ട് നമ്മളുടെ കണ്ണുനീരെല്ലാം തുടയ്ക്കും നമ്മളെന്നും അവനോടുകൂടെ ആയിരിക്കും നമ്മൾ സ്വർഗ്ഗത്തിലായിരിക്കും നമുക്ക് പിന്നെന്തില്ല വിശപ്പില്ല ഇവിടെ ആണെങ്കിൽ ഉച്ചയാകുമ്പോൾ വിശപ്പ് വരും കുഞ്ഞുങ്ങളൊക്കെ വെള്ളമെടുത്ത് കുടിക്കുന്നു ദാഹം വരും ദാഹം വരും ആ ഫാൻ പോയാൽ ആ വിയർപ്പുണ്ട് അവിടെ വിയർപ്പില്ല അങ്ങനെ വളരെ മനോഹരമായ ഒരു ദേശത്ത് നമ്മളായിരിക്കും ഓക്കെ നമുക്കെല്ലാം സന്തോഷമുള്ള കാര്യമല്ലേ അങ്ങനെ പറഞ്ഞ് ഇനിയും കുഞ്ഞുങ്ങളെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ്റെ സന്നിധി നാവവൻ്റെ സന്നിധിയിൽ എത്തും കൊള്ളാം കൊള്ളാം ലജ്ജിച്ചു പോകാതെ അതിനായി പറഞ്ഞു നമ്മൾ ദൈവത്തിൻ്റെ സന്നിധി ചെല്ലുമ്പോൾ നമുക്കവിടെ പ്രതിഫലവും മറ്റു കാര്യങ്ങളും എല്ലാം എല്ലാം ഉള്ളത് അല്ലാതെ അവിടെ നമുക്ക് ലജ്ജ ഉണ്ടാകുമോ ലജ്ജ ഉണ്ടാകുമോ ഇത് വെളിയിലുള്ള ആളുകളോടല്ല കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞ് നമ്മളോട് പറയുകയാണ് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തോ നമ്മൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഈ വചനമൊക്കെ കേട്ട് കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ച് നമ്മുടെ കൂടും കൂട്ടവും ഒക്കെ വിട്ട് നമ്മൾ ഇവിടെ വന്നു എന്നല്ലാതെ നമ്മൾ വേറെ ഒരു കുഴപ്പവും ചെയ്തില്ല പാട്ട് പാടുമ്പോൾ നമ്മൾ പാടുന്നുണ്ട് സാക്ഷ്യം പറയാൻ വല്ലപ്പോഴും നമ്മൾ എഴുന്നേൽക്കുന്നുണ്ട് ഒന്ന് ആരും അറിയാതെ പെട്ടി കൊണ്ടുവന്ന് പൈസയും വിടുന്നുണ്ട് ഒരു കുഴപ്പവും നമ്മൾ ചെയ്യുന്നില്ല പക്ഷേ നമ്മളോട് പറയുക ലജ്ജിച്ചു പോകും ഇതെന്നാ കളി പേടിപ്പിക്കുന്ന വാക്യമല്ലേ പേടിപ്പിക്കുന്ന വാക്യമല്ലേ ഒരു സാധ്യതയില്ലെങ്കിൽ അങ്ങനെ പറയുമോ അപ്പോൾ കർത്താവിൻ്റെ വരവ് നമുക്ക് വലിയ പ്രതീക്ഷയാണെന്ന് പറയുമ്പോൾ തന്നെ കർത്താവ് വരുമ്പോൾ നമ്മൾ ലജ്ജിച്ചു പോകാനും ഒരു പോസിബിലിറ്റി അവിടെ കിടപ്പുണ്ട് നമുക്കത് സംഭവിക്കരുത് സംഭവിക്കരുത് നമുക്കിന്ന് ജീവനോടെ ഈ വചനം കേൾക്കാനിടയായത് നമ്മൾ കർത്താവിൻ്റെ വരവിൽ ലജ്ജിച്ച് പോകാതിരിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിച്ച് ഉണർത്താൻ വേണ്ടിയാണ് ഇന്ന് നമ്മളെ ജീവനോടെ ഇവിടെ കൊണ്ടുവന്നത് പ്രിയപ്പെട്ടവരെ അവിടെ ലജ്ജിച്ച് പോകാതിരിക്കാൻ എന്തോ ചെയ്യണം നമുക്ക് ദാനിയലിൻ്റെ പുസ്തകത്തിൽ ദാനിയലിൻ്റെ പുസ്തകത്തിൽ നിന്ന് നമുക്കൊരു വാക്യം നോക്കാം ദാനിയലിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പന്ത്രണ്ടാം അധ്യായത്തിൽ തീരുന്ന അധ്യായത്തിൽ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചൊക്കെ പറയുന്ന ഭാഗത്ത് അവിടെയും ഇതുപോലെ നമ്മൾ ചിലപ്പോൾ മരണത്തോടുള്ള ബന്ധത്തിൽ ശവസംസ്കാരത്തിൻ്റെ സമയത്തൊക്കെ വായിക്കുന്ന വാക്യം പന്ത്രണ്ടിൻ്റെ രണ്ടാമത്തെ വാക്യം നിലത്തെ പൊടിയിൽ നിദ്ര പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും ഉണരും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും ഉണരുമെന്നൊക്കെ നമ്മൾ അന്നേരം ആ ശവക്കോട്ടയിൽ നിന്ന് വായിച്ചപ്പം നമ്മൾ വിചാരിച്ച ആരെക്കുറിച്ചായിരുന്നു രക്ഷിക്കപ്പെടാതെ കള്ളുഷാപ്പിലൊക്കെ പോയി നടക്കുന്ന ആളുകളൊക്കെ അന്ന് ലജ്ജിക്കും ഏ ആ തുടർന്ന് വായിക്കുക എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും പലരെ ഈ നീതിയിലേക്ക് തിരിക്കുന്ന നക്ഷത്രങ്ങളെപ്പോലെയും എന്നും എന്തേക്കും പ്രകാശിക്കും ബുദ്ധിമാന്മാർ ബുദ്ധിമാന്മാർ എന്ന് പറഞ്ഞേക്കുന്ന ആ വാക്കില്ലേ ആ വാക്ക് ഇംഗ്ലീഷിൽ വ്യത്യസ്തമായ വിവർത്തനങ്ങളുണ്ട് ചിലത് കൃത്യം വാക്കുകളെടുത്ത് വിവർത്തനം ചെയ്യുന്നുണ്ട് എന്നാൽ അതിൻ്റെ ആശയമെടുത്ത് ആശയമെടുത്ത് ആശയത്തെ കൂടുതൽ പൊലിപ്പിച്ച് വിവർത്തനം ചെയ്യുന്ന ചില ഇംഗ്ലീഷ് വിവർത്തനങ്ങളുണ്ട് അതിലൊരിടത്ത് എന്നാൽ ബുദ്ധിമാന്മാർ എന്ന് പറഞ്ഞെടുത്ത് ദോസു ഹാവ് ഇൻസൈഡ് ഇൻസൈറ്റ് റിഗാർഡിങ് സ്പിരിച്വൽ മാറ്റേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ബുദ്ധിമാന്മാർ എന്ന് പറഞ്ഞാൽ എന്തുവാ ഈ ലോകത്തിൻ്റെ ബുദ്ധിയല്ല മറിച്ച് എന്താ ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് ഒരു ഇൻസൈറ്റ് ഒരു ആന്തരിക ഒരു ബോധ്യമുള്ളവർ അവർക്കെന്തോ പറ്റുകയില്ല അവർ ലജ്ജിച്ചു പോവുകയില്ല അവരന്ന് ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും നക്ഷത്രങ്ങളെപ്പോലെയും ഒക്കെ ശോഭിക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഈ ആത്മീയ കോളത്തിലേക്ക് വന്നെങ്കിലും നമുക്കൊരു ഇൻസൈറ്റ് ഉണ്ടാകണം ഒരു അവബോധമുണ്ടാകണം എന്തവബോധം ദൈവമെന്താ പ്രധാനമെന്ന് കാണുന്നത് എന്നതിനെക്കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ടാകണം അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം ആഞ്ഞുകൊണ്ടേയിരിക്കണം അതിലേക്ക് നമ്മൾ വർധിച്ചു വർധിച്ചു വരണം ഇതായിരുന്നു നമ്മൾ കേട്ടത് അത് പല ഉദാഹരണങ്ങളെടുത്ത് ബ്രദർ പറഞ്ഞു മുപ്പത് മേനി പോരാ അറുപത് മേനി പോരുന്ന നൂറ് മേനി അങ്ങനെ മുന്നോട്ടൊരു പ്രോഗ്രസ് അല്ലെങ്കിൽ പ്രാകാരത്തിൽ എന്തുണ്ട് പ്രാകാരത്തിൽ തന്നെ യാഗപീഠവുമുണ്ട് താമ്രത്തൊട്ടിയുണ്ട് രക്ഷയുമുണ്ട് സ്നാനവും ഉണ്ട് ഏ അതിൻ്റെ അടുത്തതിലേക്ക് വരുമ്പം വിശുദ്ധ സ്ഥലം വരുമ്പം അവിടെ തൂപപീഠമുണ്ട് ചിലർ പറയും അത് പരിശുദ്ധാത്മ അന്യഭാഷയെക്കുറിച്ചൊക്കെയാ പറയുന്നത് അപ്പോൾ എന്നിട്ടും എവിടെ എത്തിയുള്ളൂ വിശുദ്ധ സ്ഥലത്തേ എത്തിയുള്ളൂ നമുക്കൊരു പുസ്തകമുണ്ട് പെന്തകോസിൽ നിന്ന് മുന്നോട്ട് എന്നൊരു പുസ്തകമുണ്ട് ആരെങ്കിലും സമയം കിട്ടുമ്പോ എന്നെടുത്ത് വായിച്ചാക്കൊള്ള എന്താ ഈ പറയുന്നത് നമ്മളെന്തോ ഈ പറയുന്നു ഇവിടെ സി എഫ് സി വരുന്നവരെല്ലാം അതിവിശുദ്ധ സ്ഥലത്താണെന്നാണോ നമ്മളീ പറയുന്നത് രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു പരിശുദ്ധാൽമസ്നാനം പ്രാപിച്ചു ഓക്കെ അത്രയും പോരെ അത്രയും മതി സ്വർഗത്തിൽ പോകും സ്വർഗത്തിൽ പോകും സ്വർഗത്തിൽ പോകാൻ ഇതൊന്നും പ്രശ്നമില്ല സ്വർഗത്തിൽ നിത്യലജ്ജയ്ക്കായിട്ടാണേലും അവിടെ ചിലർ എപ്പോഴും അവിടെ ഉണ്ടാകുമെന്ന് നമ്മൾ വായിച്ചു പ്രിയപ്പെട്ടവർ നമുക്കിതിനെക്കുറിച്ചൊരു ബോധ്യം വേണം ദൈവമെന്താ കർത്താവ് എന്താ ഉദ്ദേശിക്കുന്നത് നമ്മളെന്തിനാ തിരഞ്ഞെടുത്ത് നമുക്കെങ്ങനെ ഈ കർത്താവ് ഉദ്ദേശിക്കുന്ന ആ കാര്യത്തെക്കുറിച്ചൊരു ഇൻസൈറ്റ് ഉള്ളവരായിട്ട് നമുക്കെങ്ങനെ നിൽക്കാൻ കഴിയും കേവലം ചിലത് വിട്ട് നമ്മൾ സി എഫ് സി വന്നതുകൊണ്ട് മാത്രം നമ്മുടെ കാര്യം ശരിയായി എന്ന് വിചാരിക്കല്ലേ ദൈവമെന്താ ഉദ്ദേശിക്കുന്നത് നമ്മൾ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു പരിശുദ്ധാത്മസ്നാനം പ്രാപിച്ചു മീറ്റിങ്ങിന് വരുന്നു ഇതിനപ്പുറത്തെന്തുവാ വേണ്ടിയത് ഇപ്പം എന്തകോസിൽ നിന്ന് മുന്നോട്ടെന്നുള്ള പുസ്തകത്തിൽ നമ്മൾ പറഞ്ഞു ശിഷ്യത്വ ജീവിതം ഇന്ന് പലരും പറയാത്ത രക്ഷാസ്നാനം പരിശുദ്ധാത്മസ്നാനം അതിനപ്പുറം ശിഷ്യത്വ ജീവിതം വിജയകരമായ ഒരു പാപത്തിൻ്റെ മേൽ ജയമുള്ള ഒരു ജീവിതം എന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് കൂടാതെ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള അല്ലെ പറയാൻ ശ്രമിച്ച ഒരു കാര്യം പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവസന്നിധിയിൽ കൗണ്ട് ചെയ്യപ്പെടുന്നത് നമ്മൾ നമ്മൾ ഈ വഴിയിൽ പ്രോഗ്രസിലാണോ എന്നത് അറിയാനുള്ള ഒരു മാർഗം നമ്മിൽ തന്നെ വളരെ ലളിതമായിട്ട് ഞാനിങ്ങനെ പറയാം നമ്മിൽ തന്നെ ഒരു തൃപ്തി ഇല്ലാതിരിക്കുക അയ്യോടാ ബ്രദർ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് ഏ ഏ മറുകണ്ടോം ചാടിപ്പോവുകയാണ് എന്നാണ് നിങ്ങളെ ചിരിക്ക ചിന്തിക്കുന്നത് തൃപ്തി വേണം തൃപ്തി വേണമെന്നല്ലേ എല്ലാം എപ്പോഴും പറയുന്നത് പ്രിയപ്പെട്ടവരെ തൃപ്തി വേണമെന്ന് പറഞ്ഞത് ഭൗതിക കാര്യങ്ങളെക്കുറിച്ചാണ് തൃപ്തി വേണമെന്ന് പറഞ്ഞത് എന്നാൽ ആത്മീക കാര്യങ്ങളെക്കുറിച്ച് നമ്മളങ്ങ് തൃപ്തിപ്പെട്ട് പോകരുത് നമ്മളെത്ര മുന്നോട്ട് പോയാലും ഇനിയും മുന്നോട്ട് പോകാനുണ്ട് എന്നുള്ള നിലയിൽ മുന്നോട്ടൊരു ആവല് നമുക്കുണ്ടാകണം അങ്ങനുണ്ടായാലേ ഈ കാര്യം മുന്നോട്ട് പോവുകയുള്ളു ദൈവം നമ്മളെക്കുറിച്ച് നമ്മളിവിടെ പറഞ്ഞ പോലെ ദൈവത്തിന് നമ്മുടെ ആത്മീക കാര്യത്തെക്കുറിച്ചുള്ള താല്പര്യമെന്താ ആ താല്പര്യമെന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എഴുപതോ എൺപതോ വർഷം അതിലിത്രയും നാളുകളൊക്കെ കടന്നുപോയി ഇനിയിപ്പോൾ എത്ര നാളുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഉള്ള നാളുകളിൽ ദൈവം നിലയിൽ ദൈവത്തോട് ചേർന്ന് കൂടുതലടുത്ത് കൂടുതൽ അടുത്ത് ചെല്ലണം ഇതെങ്ങനെ കഴിയും ഇതിനെന്തെങ്കിലും ഒരു മാർഗമുണ്ടോ ഇതിനുള്ള മാർഗമെന്താ ഇതിനേതെങ്കിലും ഒരു കാര്യം നമ്മൾ മുറുകെ പിടിക്കണമെങ്കിൽ അതെന്താണ് ഞാൻ ഈ സസ്പെൻസെല്ലാം നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഞാൻ വളരെ വേഗത്തിൽ ഇങ്ങനെ പറയാം പ്രിയപ്പെട്ടവരെ അതായത് ആത്മാവിലെ ഒരു ദാരിദ്ര്യം ഒരു ആത്മീയ പദം എടുത്ത് പറഞ്ഞാൽ ആത്മാവിലെ ഒരു ദാരിദ്ര്യം മാത്രമേ നമ്മളെ എന്തു ചെയ്യുള്ളൂ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോവുള്ളൂ ആട്ടെ ഇനി എന്തോ ഈ ആത്മാവിലെ ദാരിദ്ര്യം എന്താണ് ആത്മാവിലെ ദാരിദ്ര്യം നമുക്കറിയാം കർത്താവ് മത്തായി എഴുതിയ സുശേഷം അഞ്ചാം അധ്യായത്തിൽ ഈ ഈ മാർഗത്തിൻ്റെ മാനിഫെസ്റ്റോ പ്രഖ്യാപിക്കുക ചിലപ്പോൾ ഇലക്ഷനൊക്കെ വരുന്നുണ്ടെങ്കിൽ ചില രാഷ്ട്രീയ പാർട്ടികൾ ആദ്യം അവരുടെ പ്രകടന പത്രിക പ്രസിദ്ധീകരിക്കുകയില്ലേ എന്ന് പറഞ്ഞ പോലെ കർത്താവ് എന്തോ ചെയ്യുക മത്തായി അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് ഒരു പുതിയ കാര്യവുമായിട്ട് വന്നിരിക്കുക പുതിയ ഉടമ്പടിയുടെ കാര്യങ്ങളുമായിട്ട് വന്നിരിക്കുക അതിൻ്റെ പ്രകടന പത്രിക പ്രസിദ്ധീകരിക്കുന്ന ദിവസമാണിത് അതുകൊണ്ടാ കർത്താവ് എന്തോ ചെയ്തു അവൻ മലമേൽ കയറി അവിടെ അവൻ ഇരുന്ന ശേഷം എന്നൊരു കൊച്ചു വാക്ക് കണ്ടോ നിങ്ങൾ അഞ്ചിൻ്റെ ഒന്നാമത്തെ വാക്യം ഇരുന്ന ശേഷം എന്ന് പറഞ്ഞാൽ അന്നത്തെ യഹൂദ റബിമാരെ അവരെ ഇരുന്നു ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നത് അതിനെക്കുറിച്ച് നല്ല ഉറപ്പുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാറുള്ളതെന്നാണ് കർത്താവ് എന്തോ ചെയ്തു കർത്താവ് മലമേൽ കയറി ഇരുന്നു ഇരുന്നു എന്നു വെച്ചാൽ ഇനി ഞാൻ പറയാൻ പോകുന്നതിനെക്കുറിച്ച് എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്നാണ് അത് കാണിക്കുന്നത് എന്നൊക്കെയാണ് വേദപണ്ഡിതന്മാർ പറയുന്നത് ഏതായാലും ആയിക്കോട്ടെ ഇരുന്ന ശേഷം കർത്താവ് പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യം പറയുന്നത് എന്താ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ ആത്മാവിലെ ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ നമുക്കെപ്പോഴും നമ്മൾ ഇത്രയും കണ്ടത് പോരാ എന്നുള്ളതാണ് ആത്മാവിലെ ദാരിദ്ര്യം ആത്മാവിലെ ദാരിദ്ര്യം ഭൗതിക ദാരിദ്ര്യം പോലെ മനസ്സിലാക്കാൻ എളുപ്പത്തിൽ അങ്ങനെ പറയും ഭൗതിക ദാരിദ്ര്യമുള്ള ആൾ എന്തോ ചെയ്യും ഭൗതിക ദാരിദ്ര്യമുള്ള ആൾ പിന്നെയും പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കും ഞാൻ ഇവിടെ ഉള്ളൊരു ഒരാളിൻ്റെ കഥ പറഞ്ഞിട്ടുണ്ടോ അദ്ദേഹം തിങ്കളാഴ്ച നേരം വെളുത്ത് വീട്ടിൽ കയറി വരും എന്നിട്ട് പറയും ആ വല്ലോത്താ നമ്മൾ പത്ത് രൂപ എടുത്തുകൊടുക്കുന്നു അദ്ദേഹം പോകുന്നു ചൊവ്വാഴ്ചയോ ബുധനാഴ്ച ആകുമ്പോൾ പിന്നെയും അദ്ദേഹം വരും ആ വെള്ളിയാഴ്ച ആകുമ്പോൾ പിന്നെയും വരും അപ്പം നമ്മൾ അദ്ദേഹത്തോട് ചോദിക്കാം മത്തച്ചാ നിങ്ങൾ എന്തിനാ എല്ലാ ദിവസവും ഇങ്ങനെ വരുന്നത് അത് കേൾക്കുമ്പോൾ അദ്ദേഹം നമ്മളോട് ദേഷ്യപ്പെടും ദേഷ്യപ്പെട്ട് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പിന്നെ ഞാൻ നിങ്ങളുടെ ഒക്കെ അടുത്തല്ലാതെ ഞാൻ പിന്നെ എവിടെ പോകുന്നത് ആ ശരിയല്ലേ ശരിയല്ലേ നമ്മൾ മത്തച്ഛനോട് കൂറ് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ കാര്യത്തെ ഒന്ന് നോക്കുക അദ്ദേഹത്തിൻ്റെ ഈ പൈസയില്ല പൈസയില്ല ജോലി ചെയ്ത് പണം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് ശാരീരിക ശേഷിയില്ല പണമുള്ളവരുടെ അടുത്ത് പിന്നെയും പിന്നെയും ചെല്ലുകയല്ലാതെ അദ്ദേഹത്തിന് എന്താ മാർഗം ദരിദ്രൻ എപ്പോഴും അങ്ങനെയാ എന്താ ദരിദ്രൻ എപ്പോഴും അവന് അവൻ്റെ ആവശ്യം കാണും എനിക്ക് ചായ കുടിക്കണമെങ്കിൽ പത്ത് രൂപ വേണം അതിന് ഞാനെവിടെ പോകും അവിടെ തന്നെ വീണ്ടും പോകാം മാനാഭിമാനമൊന്നുമില്ല ഭൗതിക ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ പിന്നെയും പിന്നെയും പിന്നെയും എനിക്ക് വേണേ വേണേ വേണേ എന്നുള്ള ഒരു നിലപാടാണ് ആത്മീയ ദാരിദ്ര്യവും ഇതുപോലെ തന്നെയാണ് എന്താ ആത്മീയ ദാരിദ്ര്യം എനിക്ക് എൻ്റെ ആത്മീയമായ കാര്യത്തിൽ ഞാൻ തൃപ്തിപ്പെടുന്നില്ല ഞാൻ രക്ഷിക്കപ്പെട്ടു ശരിയാ അന്നേരം ഞാൻ വിചാരിച്ചു സ്നാനപ്പെട്ട കാര്യം ശരിയാവുമെന്ന് ഉടുവി സ്നാനപ്പെട്ടു അന്നേരം ഒരു തൃപ്തിയില്ല അന്നേരം വിചാരിച്ചു എന്നാൽ ഇനി പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ചൊക്കെ ഇവിടെ പറയുന്നുണ്ട് അതൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കും എനിക്ക് ആകെപ്പാടെ അതും കിട്ടി അതും കഴിഞ്ഞു എന്നിട്ടും പിന്നെ ഒരു കൂട്ടത്തിനും വരുന്നില്ലേ ഉണ്ട് വെള്ളിയാഴ്ച പ്രാർത്ഥന വെച്ചാൽ അതിനും വരുന്നുണ്ട് ഞായറാഴ്ച മീറ്റിങ്ങിനും വരുന്നുണ്ട് ഇനി സ്തോ ഇത് ദശാംശത്തേക്കാ കവിഞ്ഞാ കൊണ്ടുവന്നിടുന്നത് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ സഹോദര സഹോദരി നിനക്കൊരു തൃപ്തിയില്ലെങ്കിൽ നീ ഈ വഴിയിലാണ് എന്ന് പറയുവാൻ ദയവായി എന്നെ അനുവദിക്കുക ഇതാണ് ഇതിൻ്റെ ഒരു മാർഗം ഇതിനെ ഇതിനെ വിഘാതപ്പെടുത്തുന്ന ഒരു കാര്യമെന്താ നമ്മൾ തൃപ്തിപ്പെട്ടു പോവുക തൃപ്തിപ്പെട്ടു പോവുക തൃപ്തിപ്പെട്ട ആളുകൾ കർത്താവിൻ്റെ അടുത്ത് വന്നാൽ നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം നമ്മുടെ മുമ്പിൽ വളരെ ചുരുക്കം സമയമേ ഉള്ളല്ലോ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൻ്റെ പതിനെട്ട് മുതൽ പതിനെട്ട് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളിൽ നമ്മളൊരു കാര്യം കാണുന്നുണ്ട് ഒരു പ്രമാണി കർത്താവിൻ്റെ അടുത്ത് വന്നു പ്രമാണി ഒന്നാമത് പ്രമാണിയാണേ പ്രമാണി എന്നാണ് യോജനം പറഞ്ഞേക്കുന്നത് അപ്പോൾ കൊള്ളാം വെറുതെ നാട്ടിലെ അഡ്രസ്സൊന്നുമില്ലാത്ത ഒരാളൊന്നുമല്ല പ്രമാണിയാണ് കൊള്ളാം കൊള്ളാം നമ്മുടെ സഭയിലോട്ട് വരുന്ന ഒരാളായിട്ട് ചിന്തിക്കുക ഒരു ദിവസം ഒരു പ്രമാണി വരുന്നു കൊള്ളാം പ്രമാണി വന്നു വന്നിട്ട് എന്തുവാ ചോദിക്കുന്നത് എനിക്ക് നിത്യജീവനെ അവകാശമാക്കണം അതായത് നമ്മൾ ഈ പറയുന്ന ഈ സ്പിരിച്വൽ ആ നിലയിലുള്ള ആത്മീകമായിട്ട് ദേവയനെക്കുറിച്ച് നീ എന്താഗ്രഹിക്കുന്നു അതിൻ്റെ പൂർണ്ണതയിലേക്ക് എനിക്ക് വരണം നല്ലൊരാഗ്രഹത്തോടെ അദ്ദേഹം വന്നു വന്ന ഉടനെ കർത്താവ് പറയുന്നത് എന്തുവാ നീ പത്ത് കൽപ്പനകൾ വ്യഭിചാരം ചെയ്യരുത് കൊല ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം പറയരുത് അപ്പനെയമ്മയും ബഹുമാനിക്കണം ഇതൊക്കെ അവൻ്റെ മുമ്പാകെ പറഞ്ഞു നീ ഇതൊക്കെ ചെയ്യും ഉടനെ അവൻ്റെ മറുപടി എന്താണെന്നറിയാം ഇതെല്ലാം ഞാൻ ചെറുപ്പം മുതൽ ചെറുപ്പം മുതൽ ഞാൻ ഇതെല്ലാം ഇതെല്ലാം കാത്തുകൊണ്ടിരിക്കുന്നു കണ്ടോ ആ വാക്കുകളൊക്കെ നിങ്ങൾ വേഗത്തിൽ വായിച്ചു പോകല്ലേ അവൻ്റെ ആ വ്യക്തത അവൻ്റെ കോൺഫിഡൻസ് ഞാൻ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാനിതെല്ലാം കാത്തിരിക്കുന്നു കാത്തുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും പണ്ടങ്കാണ്ട് മൈതാനത്തെ കൈപ്പൊക്കിയതല്ല ഇപ്പോഴും ഇതെല്ലാം ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കുന്നത് നമുക്ക് ഇത്രയും ധൈര്യത്തോടെ പറയാൻ നോക്കുമോ ഏതായാലും പ്രമാണി അത്രയും ധൈര്യത്തോടെ പറഞ്ഞു അവൻ പത്ത് കൽപ്പനകൾ അന്ന് നിലവിലുള്ള ആത്മീയമായ എല്ലാ കാര്യങ്ങളും അവൻ ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെ നമുക്ക് ഇന്നത്തെ സാഹചര്യത്തോട് ചേർത്ത് പറയുക കർത്താവ് ആദ്യം പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ നമുക്കൊന്ന് ഒന്ന് ഒരു കഥ പോലെ നമുക്കിങ്ങനെ ചിന്തിക്കാം സഭയിൽ വന്നപ്പോൾ അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞു നീ എന്തോ ചെയ്യേ നീയെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മസ്നാനം പ്രാപിച്ച് ഒരു ശിഷ്യത്വ ജീവിതത്തിലൂടെ ജീവിച്ച് വിജയകരമായ ഒരു ജീവിതം ജീവിക്കുക എന്ന് പറഞ്ഞു അപ്പം അവൻ പറയുക ഞാനിതെല്ലാം ഇത്രയും കടന്നു ഇത്രയും കടന്നു ഞാനിതെല്ലാം ചെറുപ്പം മുതലിത്രയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു ഉടനെ കർത്താവ് പറഞ്ഞു നിനക്കെന്തുകൊണ്ട് നിനക്കൊരു കുറവുണ്ട് കുറവുണ്ട് നീ അതി ചെയ്യ ആ കുറവുകൂടെ പരിഹരിച്ചുപോ ഉടനെ അവൻ എന്താ പറയുന്നത് അവനത് ചെയ്യാൻ പറ്റിയില്ല പറ്റിയില്ല അവന് ദുഃഖിച്ച് കടന്നുപോയി ദുഃഖിച്ച് ദുഃഖിച്ച് കടന്നുപോയി അവൻ എത്രയും ധനവാനായതുകൊണ്ട് ഇരുപത്തി മൂന്നാമത്തെ വാക്യം അവൻ എത്രയും ധനവാനാകുകൊണ്ട് ഇത് കേട്ടിട്ട് അതിദുഖിതനായി തീർന്നു യേശു അവനെ കണ്ടിട്ട് സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം എന്താ ഈ പറയുന്നതൊക്കെ എന്താ പ്രിയപ്പെട്ടവരെ നമുക്കിതെങ്ങനെയാണ് പ്രസക്തമാകുന്നത് നമുക്ക് നമ്മൾ ഈ കാര്യത്തിലേക്ക് വന്നു സഭയിലേക്ക് വന്നു നമ്മളെല്ലാ കാര്യങ്ങളും പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്നു ഇതെല്ലാം വന്നേച്ച് കർത്താവിൻ്റെ അടുത്ത് ചെന്നാൽ കർത്താവ് ഉടനെ നമുക്കൊരു സർട്ടിഫിക്കറ്റ് തരും ആ മോനെ നീയല്ലാം ഭംഗിയായിട്ട് ചെയ്തു ശരി ഇന്ന് മുതലേൻ്റെ കൂടെ കൂടിക്കോ നിത്യജീവൻ എന്നതിനൊക്കെ തന്നോളാം എന്ന് പറയുമെന്നാണോ നമ്മൾ കരുതുന്നത് ഈ ധനവാനിപ്പം ധനവാനോട് പറഞ്ഞത് നീ പോയി നിക്ഷേപം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു അവൻ പോയി നിക്ഷേപം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തേച്ച് വന്നിരുന്നെങ്കിൽ കർത്താവ് പറഞ്ഞേനേയും ശരി നീ ആദ്യം ചെയ്തല്ലോ ഇനി നിനക്കൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് പറയുമായിരുന്നോ ഞാനതിനെക്കുറിച്ച് സങ്കല്പിക്കുന്ന അന്നേരം കർത്താവ് വേറൊരു കാര്യം പറയും പ്രിയപ്പെട്ടവരെ എന്താ ഈ ധനം സമ്പത്ത് എന്ന് പറഞ്ഞാൽ എന്താ നമ്മിൽ തന്നെയുള്ള തൃപ്തിയാണ് സമ്പത്ത് ധനം ധനവാന് എന്തില്ല വേറെ ആരെയും ആശ്രയിക്കണ്ട സമ്പത്തുള്ളവന് വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യണ്ട നമ്മൾ നമ്മളിൽ തന്നെ നോക്കുമ്പോൾ നമുക്ക് എന്താ കുറവ് ഞാൻ ഭേദപ്പെട്ട രീതിയിൽ ജീവിക്കുന്നു കുടുംബം കൊണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ നല്ല വളർത്തി ഞാൻ എല്ലാ കാര്യങ്ങളും പത്ത് കല്പനകൾ ഭംഗിയായിട്ട് പാലിക്കുന്നു ഏറ്റവും നല്ല അറിയപ്പെടുന്ന ഒരു സഭയിലാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതെല്ലാമായിട്ടൊരു തൃപ്തിയായിട്ട് നമ്മളങ്ങിരുന്നാൽ ദൈവത്തിൻ്റെ അടുത്ത് എല്ലുമ്പോൾ കർത്താവ് എന്തോ പറയും കർത്താവിൻ്റെ അടുത്ത് എല്ലുമ്പോൾ ഈ ധനവാനായ ചെറുപ്പക്കാരനെപ്പോലെ ദുഃഖിച്ച് കടന്നു പോകേണ്ടി വരും ഒരു ഇത് മനസ്സിലാകാൻ ഒരു കോൺട്രാസ്റ്റിലൂടെ ഞാൻ വളരെ വേഗത്തിൽ പറയാം ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിലേക്ക് വരിക ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാമധ്യായം അഞ്ചാമധ്യായത്തിൽ അതിൻ്റെ ആദ്യത്തെ ഒന്ന് പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ ഷീമോൻ പത്രോസിനെ കർത്താവ് അഭിമുഖീകരിക്കുന്ന ഒരു രംഗമാണ് ഷീമോൻ്റെ പടകിൽ കയറി കർത്താവ് ഇരുന്നു സംസാരിച്ച് തീർന്നപ്പോൾ ഷീമോനോട് ആഴത്തിലേക്ക് നീക്കി വലയിറക്കാന്ന് പറഞ്ഞു ഷീമോൻ പറഞ്ഞു കർത്താവ് നീ ആരാ നീ നസ്രത്തുകാരൻ തച്ചനാ ഈ കടലിൻ്റെ രീതി ഒന്ന് നിനക്കറിഞ്ഞുകൂടാ ഞങ്ങളാര ഞങ്ങൾ ജനിച്ചപ്പം മുതൽ മുക്കോന്മാരാ ഞങ്ങൾക്ക് ഈ കടലിൻ്റെ മുഴുവൻ കാര്യങ്ങളും കണ്ടാലറിയാം ഞങ്ങളിപ്പോൾ മീൻ കിട്ടാൻ ഒരു സാധ്യതയില്ല അതിൻ്റെ കടലിൻ്റെ കോളൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്കറിയാം പോരെങ്കിൽ ഞങ്ങൾ എന്തോ ചെയ്തു ഇന്നലെ രാത്രി മുഴുവൻ അധ്വാനിച്ചു ഒന്നും കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞു കാണും പറഞ്ഞു കാണും പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു ശരിയാണ് നീ പറഞ്ഞൊക്കെ ശരിയായ എനിക്ക് ഈ മത്സ്യബന്ധനവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല പക്ഷേ ഞാൻ പറയുന്നു നീ എന്തോ ചെയ്യേ ആഴത്തിലേക്ക് നീക്കി വലയിറക്കാൻ പറഞ്ഞു ഉടനെ അവൻ വലയിറക്കി എന്ത് സംഭവിച്ചു അവ പടകുകൾ രണ്ടും മുങ്ങുമാറാകുവോളം മത്സ്യം കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ എട്ടാമത്തെ വാക്യം ഷിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാലുകൾ വീണു കർത്താവേ ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു ഇവിടെ എന്താ ധനുമാനായ ചെറുപ്പക്കാരൻ വന്നിട്ട് എന്താ പറയുന്നത് എനിക്ക് കർത്താവേ നിൻ്റെ അടുത്തോട്ട് കൂടുതൽ എന്ന് പറയുന്നു ഷീമോൻ പത്രോസിന് ദൈവം ഒരു അത്ഭുതം ചെയ്തപ്പം അതവനെ എന്തിലേക്ക് നയിച്ചു അവൻ്റെ കുറവിലേക്ക് കാണാനായിട്ട് നയിച്ചു അവൻ്റെ പാപാവസ്ഥ കാണാൻ അതവനെ സഹായിച്ചു അവൻ പറയുന്നു കർത്താവേ കർത്താവെ ഞാനെന്താ ഞാൻ പാപിയായ മനുഷ്യനാണ് എൻ്റെ എൻ്റെ നീ വരാൻ ഞാൻ യോഗ്യനല്ല നീ എന്നെ വിട്ടങ്ങ് പോ എന്നെ വിട്ടങ്ങ് പോക്കോ ഈ ദാശി മോൻ പത്ര പറയുന്നു പക്ഷെ ആ കഥയുടെ ആ കഥയെല്ലാം ആ സംഭവത്തിൻ്റെ ഒടുവ് എങ്ങനെയാണ് കണ്ടോ ഉടനെ കർത്താവ് പറഞ്ഞു കർത്താവ് അവിടെ വെച്ചാ ഇവനെ എന്താക്കി തീർത്തു അവനെ കൂടെ കൂട്ടി ഏ നീയെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു ഉടനെ അതിൻ്റെ പതിനൊന്നാം വാക്യം അവനുടനെ സകലവും വിട്ട് അവൻ്റെ കൂടെ പോയി കേട്ടോണേ എങ്ങനെയാണ് പറഞ്ഞത് എന്തുവാ നീയുമായിട്ട് എനിക്കൊരു ബന്ധവും വേണ്ട കർത്താവെ ഞാൻ മോശക്കാരനാണ് നീ അങ്ങ് പൊക്കോ എന്നെ കൂടെ കൊണ്ടുപോകാൻ കൊള്ളുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ പറഞ്ഞവനെ കർത്താവ് എന്തോടുത്തു കർത്താവിനെ കൂടെ കൂട്ടി കൂടെ കൂട്ടി അവന് ദുഃഖിച്ച് തനവാനെപ്പോലെ വന്നില്ല മറിച്ച് അവനെന്ത് ചെയ്തു കർത്താവിൻ്റെ കൂടെ നിന്നു കർത്താവിൻ്റെ കൂടെ നിന്നു ഞാൻ പറഞ്ഞത് ഈ കർത്താവിനെ സംബന്ധിച്ച് സാധാരണ നമ്മുടെ യുക്തിക്ക് മനസ്സിലാകാൻ ഒക്കാത്തൊരു കാര്യമുണ്ട് അതായ സാധാരണ ബുദ്ധിക്ക് മനസ്സിലാകാൻ ഒക്കാത്ത കാര്യം നമ്മൾ വിചാരിക്കുന്ന കർത്താവ് വിശുദ്ധനാണ് വിശുദ്ധനായ കർത്താവിനെ നമ്മൾ എല്ലാം ഭംഗിയായിട്ട് ചെയ്ത് പത്ത് കൽപ്പനകളും ഭംഗിയായിട്ട് ചെയ്ത് കർത്താവിനെ പ്രസാദിപ്പിച്ച് കർത്താവിൻ്റെ അടുത്തു നിന്ന് മെഡലും വാങ്ങിച്ച് കർത്താവിനോടൊപ്പം പോകാം എന്നാണോ നമ്മൾ കരുതുന്നത് ധനവാനായ ചെറുപ്പക്കാരൻ അങ്ങനെയാണ് കരുതിയത് എന്നാൽ കർത്താവിൻ്റെ കൂടെ പോകാൻ കഴിഞ്ഞതാർക്കാ അയ്യോ നീ എൻ്റെ ഭാവിയായ എന്നെ വിട്ടുപോണേ എന്ന് പറഞ്ഞവനാണ് കർത്താവിനോടൊപ്പം പോകാൻ കഴിഞ്ഞത് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം കർത്താവിൻ്റെ അടുത്ത് വന്ന ആ നിലയിൽ ധാർമ്മികമായും സാമ്പത്തികമായിട്ടും ഒക്കെ ധനികനായിരുന്നു ഈ ധനവനായ പ്രമാണി ധാർമ്മികമായിട്ടൊരു തെറ്റും പറയാനില്ല എല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നവൻ ദൈവവചനം എല്ലാം അരച്ചു ഒരു വിഷയത്തെക്കുറിച്ച് പ്രസംഗിക്കണമെങ്കിൽ വേണേൽ ഒരു ബൈബിൾ ക്ലാസ് എടുക്കാൻ കഴിവുള്ള ആള് ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ പക്ഷേ ആ മനുഷ്യൻ അവസാനം എന്തോ പറ്റിപ്പോയി ദുഃഖിച്ച് പോയി നിത്യലജ്ജയ്ക്കായിട്ട് ചിലരായിരിക്കുമേ നമ്മൾ നമ്മൾ കബളിപ്പിക്കപ്പെട്ട് പോകല്ലേ നമ്മളിവിടെ വന്ന് കൂടുതൽ കൂടുതൽ വാക്യം മനസ്സിലാക്കി ഏ ബ്രദർ ഒരു അതായത് സാഹ്ബാറിൻ്റെ പുസ്തകത്തിൽ ഒരു ഗ്രാഫിക്സ് ഒക്കെ എടുത്ത് കാണിച്ചപ്പം നമ്മളിങ്ങനെയൊക്കെ താല്പര്യമുള്ളവർക്ക് കൂടുതൽ ഉത്സാഹമായി ആ കൊള്ളാം കൊള്ളാം ഇത് കൊള്ളാം കേട്ടോ ഇത് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ പടം കാണിക്കലൊന്നും ഇല്ലെന്നാണ് വിചാരിച്ചിരുന്നത് എന്നാൽ ഇവിടെയും ചില പടം കാണിക്കലൊക്കെ ഉണ്ട് നമുക്കതിൻ്റെ ആ നീളം എത്ര മുഴം അതൊക്കെ കുറച്ചുകൂടെ ഒന്ന് സ്റ്റഡി ചെയ്യണം ഇന്ന് പോയി അതെല്ലാം ഒന്ന് സ്റ്റഡി ചെയ്തതിനെക്കുറിച്ച് കൂടുതൽ ബോധ്യങ്ങൾ നമ്മൾ ദൈവത്തിന് കൂടുതൽ പ്രിയപ്പെട്ടവരാകുമോ ഇല്ല ഇല്ല ഇല്ല നമ്മൾ എന്താ കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന ഒരേ ഒരു കാര്യമെന്താ പാവിനിയായ ഒരു സ്ത്രീ വന്നു അവള് അവൾ പറഞ്ഞു കർത്താവേ ഞാൻ യോഗ്യല്ല എന്ന് പറഞ്ഞു യോഗ്യല്ല എന്ന് പറഞ്ഞപ്പം അവളെ യോഗ്യാക്കി തീർത്തു കർത്താവിൻ്റെ നമുക്ക് മനസ്സിലാകാൻ ഒക്കുന്ന കാര്യമല്ല തനവം പറഞ്ഞു ഞാനെല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് ഒരു തെറ്റും ചെയ്യാത്തവനാ എല്ലാം ചെറുപ്പം മുതൽ പാലിച്ചു വരുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥമെന്താ ഞാൻ നിൻ്റെ കൂടെ വരാൻ യോഗ്യനാണെന്ന് പറഞ്ഞു അപ്പോൾ കർത്താവ് പറഞ്ഞു നീ യോഗ്യനല്ല പൊക്കോ എന്ന് പറഞ്ഞു അവൻ ലജ്ജിച്ചു പോയി ശ്രീമോഹൻ പത്രറോസ് പറഞ്ഞു കർത്താവെ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു ഉടനെ കർത്താവ് എന്തോ ചെയ്തു അവനെ കൂടെ കൂട്ടി പ്രിയപ്പെട്ടവര് ഞാന് എൻ്റെ ജീവിതത്തിലൂടെ ഇതിലൂടെയെല്ലാം കടന്നുപോയി കണ്ടെത്തിയ ഒരു രഹസ്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ അക്സെപ്റ്റൻസ് ഉണ്ടാകാൻ എന്താണ് വേണ്ടത് നമ്മളെക്കുറിച്ച് തന്നെ നമ്മളെക്കുറിച്ച് തന്നെ ഒരു തൃപ്തിയില്ലാതെ ഒരു ആത്മീയ ദാരിദ്ര്യത്തിൽ ദിവസം തോറും നമ്മുടെ വിശ്വത്തെക്കുറിച്ച് ഞാൻ ഇന്നെ പോലെ എല്ലാം ഭംഗിയായിട്ട് ചെയ്തു അങ്ങനെയാണോ ഒരു പുകഴ്ചയില്ലാതെ അത് വെറുതെ ഭംഗിവാക്കെ പറയുന്നതല്ല നമ്മൾ സാക്ഷ്യം പറയുമ്പോൾ ചുമ പറയലേ പാവിയും കൃമിയുമായ ഈ ഉള്ളവൾ എന്നൊക്കെ പറയാം അതേപോലും ഈ പാവിയും കൃമിയൊക്കെ കാണാൻ വീട്ടിലൊന്ന് ചെന്ന് നോക്കണം നമ്മൾ ഉള് ഞാൻ പറഞ്ഞത് ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് വേണം നമുക്ക് ഐ ആം അൺവർത്തി I am not worthy. We Hmm! We need to find a new role. If I go down it way, I am not here. You leave me there. Maybe the Heavenly Father is so wrong. Look, he is the closest one. That is great thing to say. D CB has got to work no more. I will always be doing nothing. Our communities seem to go towardFF to in the Productionpal. And I am here 아니isto. ഒരാൾ വന്നിട്ട് പറഞ്ഞു കർത്താവേ ഞാൻ എന്ത് ചെയ്യുന്നു ചെറുപ്പം മുതൽ ഇതെല്ലാം ചെയ്യുന്നു പതാരം കൊടുക്കുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു അയാം വർത്തി അയാം വർത്തി അയാം വർത്തി അവനെന്തോ ചെയ്തു അവന് അവന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അംഗീകാരം കിട്ടാതെ പോയി പാവിയായ മനുഷ്യനോ അവൻ മാറത്തടിച്ചു കർത്താവേ എനിക്കിതിന് യോഗ്യതയില്ല അവനെന്ത് ചെയ്തു നീതീകരിക്കപ്പെട്ടു പോയി ഇതാ ഒരു പ്രമാണം ഞാൻ പഠിച്ചു ഒരു പ്രമാണം ഇതാണ് ഈ ശരി ഈ പ്രമാണമൊക്കെ കൊണ്ട് നമുക്ക് ജീവിക്കാൻ ില്ല ഇത് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എങ്ങനെ ഇതിനെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനൊക്കെ അവിടെ ആ പ്രശ്നം പ്രിയപ്പെട്ടവരെ നമ്മളിവിടെ പറയുന്ന ആ ഇപ്പോൾ രക്ഷ സ്നാനം പരിശുദ്ധാത്മ സ്നാനം വിജയകരമായ ജീവിതം ശിക്ഷത്വ ജീവിതം ഇതെല്ലാം പറഞ്ഞാലും ഇതിനപ്പുറത്ത് നമ്മൾ പറയുന്നതിൻ്റെ അകത്ത് ഏറ്റവും ഏറ്റവും ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം എന്തുവാണെന്ന് നിങ്ങൾ ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാനത് ഇങ്ങനെ പറയാം ഇതൊന്നുമല്ല നുറുക്കം എന്ന് പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ കേട്ടിട്ടുണ്ടോ നിങ്ങൾ നുറുക്കം എന്നൊരു കാര്യം അത് ദൈവത്തിൻ്റെ തേജസ് കണ്ടപ്പോൾ മോശക്കെന്തായി മരിച്ചവനെപ്പോലായി ഈ പറയുന്ന ഒരു കാര്യം നിരന്തരം നമ്മൾ ദൈവത്തിൻ്റെ തേജസ്സിനു മുമ്പാകെ ജീവിച്ച് ആയാ അൺവർത്തി ഇത് പറയുമ്പോൾ ഒരു തരത്തിലുള്ള കുറ്റബോധമോ ഒരു കുറ്റം വിധിയോ ഒരുതരം മെലങ്കളിക് മൂട് നിരന്തരം കൊണ്ടുനടക്കണമെന്നോ ഒന്നുമല്ല പറയുന്നു യഥാർത്ഥത്തിൽ ഞാൻ പാപിയാണെന്ന് പറയുന്നിടത്ത് കർത്താവ് എന്തോ ചെയ്യും നമ്മളെ നീതീകരിച്ച് കഴിയുമ്പോഴും അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ സന്തോഷം അപ്പോഴാണ് നമുക്കുണ്ടാകുന്നത് ഇന്ന് നമ്മുടെ ചുറ്റുപാടുമുള്ള ക്രിസ്തീയ ലോകത്ത് ഈ യഥാർത്ഥ സന്തോഷമല്ല പലയിടത്തും അവിടെ പാപബോധത്തിൻ്റെ ബോധത്തിലൂടെ കർത്താവിലേക്ക് വന്ന് കർത്താവിനാൽ നീതീകരണം കിട്ടിയ ശേഷമുള്ള യഥാർത്ഥ സന്തോഷമല്ല പറയുന്നത് മറിച്ചെന്താ ആ ഞാൻ യോഗ്യനാണ് യോഗ്യനാണെന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ സന്തോഷിക്കുന്ന ഒന്നിനെയാണ് ക്രിസ്തീയ സന്തോഷം എന്ന് ഇന്ന് കൊട്ടിഘോഷിക്കുന്നത് എന്നാൽ ബൈബിളിലേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ യഥാർത്ഥ സന്തോഷം എന്താ യഥാർത്ഥ സന്തോഷം യഥാർത്ഥ പാവബോധത്തിലൂടെ കർത്താവിൻ്റെ അടുത്തേക്ക് വന്ന് അത് രക്ഷിക്കപ്പെട്ടപ്പോൾ മാത്രം നടക്കുന്ന ഒരു കാര്യമല്ലേ നിരന്തര ജീവിതത്തിൽ ഇതാണ് ോറ് നിരന്തരം നമ്മൾ തന്നെ ഒരു യാഗമായി തീരുന്ന ഒരു രീതി ഇതിലേക്ക് എങ്ങനെ വരാനൊക്കും വരാനൊക്കുന്നതിൻ്റെ തുടക്കമാണ് ഞാൻ പറഞ്ഞത് നുറുക്കം എന്ന് പറഞ്ഞൊരു കാര്യം ബ്രദറെ ഇത്രയെല്ലാം പറഞ്ഞല്ലോ എന്നാ എന്നെ അങ്ങ് നുറുക്ക് എന്ന് നിങ്ങൾ ആരേലും വേണ്ടിയിട്ട് പറഞ്ഞാൽ എന്നിരിക്കട്ടെ അങ്ങനെ ഒക്കുകയില്ല പ്രിയപ്പെട്ട് ഞാനുള്ള കാര്യങ്ങളെല്ലാം തെറ്റായ രാഷ്ട്രീയക്കാരെ പോലെ ആവശ്യമില്ലാത്ത വാഗ്ദാനം ഒന്നും നൽകുന്നില്ല നമ്മളെ ഒക്കാത്ത കാര്യം ഒക്കുകയില്ല എന്ന് പറയാം ഈ പരിപാടി ആർക്കെ ചെയ്യാനൊക്കു തമ്പരാന് മാത്രമേ ചെയ്യാനൊക്കെ ദൈവം തമ്പുരാന് മാത്രമേ ചെയ്യാനൊക്കെ അതുകൊണ്ട് ഇവിടെ വന്ന് ഇതൊരു പതിനഞ്ച് കൊല്ലം വിരുന്നേച്ചും ഇതിനെക്കുറിച്ചൊന്നും ഒരു പിടിയും കിട്ടാത്ത പോലെ ഒരു സുപ്രഭാതത്തിൽ ചില ആളുകൾ വിട്ടുപോന്ന് കണ്ടിട്ടുണ്ടോ എന്താണ് നമ്മളീ പറയുന്നത് നമ്മൾ നമ്മുടെ വർത്ത്നസിൻ്റെ അടിസ്ഥാനത്തിലല്ല നമ്മുടെ യോഗ്യതയുടെ അനു അടിസ്ഥാനത്തിലല്ല ദൈവത്തോടുള്ള നമ്മുടെ ബന്ധമിരിക്കുന്നത് മറിച്ച് എന്താ ഐ ആം നോട്ട് വർത്തി എന്ന് പറയുന്നിടത്താണ് അത് വെറുതെ പറഞ്ഞാൽ വെറുതെ പറഞ്ഞാൽ അത് ശരിയാവുകയല്ല നമ്മൾ അങ്ങനെ ഒരു ആത്മീയ ഭാഷ പഠിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ കർത്താവേ ഞാനൊന്നുമില്ലേ ഞാൻ നിസാരയാണ് ഞാൻ അങ്ങനെ പറയുന്നതല്ല മറിച്ച് എന്താ യഥാർത്ഥത്തിൽ നമുക്കങ്ങനൊരു ബോധ്യം ആ ബോധ്യത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനൊക്കാതെ നമ്മൾ നിരന്തരം അങ്ങനെ ജീവിക്കുക ഈ ഒരു പരിപാടിയാണ് നുറുക്കം എന്ന് പറയും നമ്മൾ എല്ലാം എന്തുണ്ട് എന്തുണ്ട് നമ്മിലൊക്കെ ശക്തമായ ഒരു ഐ ഉണ്ട് ഞാനുണ്ട് ഇംഗ്ലീഷിൽ അയ്യ എഴുതുന്നത് എങ്ങനെയാണ് അയ്യെന്ന് പറയുന്നത് ഒരു യു പോലൊന്നുമില്ല യു ഒക്കെ ഇങ്ങനെ വളഞ്ഞൊക്കെ ഇരിക്കുക അയ്യെങ്ങനെ അയ്യെ അൻപത്താറിഞ്ച് നെഞ്ചും ഒക്കെ കാണിച്ചിങ്ങനെ നേരെ നിൽക്കുന്നതാണ് ഐ എന്നക്ഷരം ഈ അയയുടെ നടുക്ക് ഒരു വെട്ടുവന്ന് വീണാൽ അതെന്തായി അത് കുരിശായി കുരിശായി ക്രോസായി പ്രിയപ്പെട്ടവരെ ഈ നമ്മുടെ വലിയ അയ്യേൽ ഒരു വെട്ടുവന്ന് വീഴുന്നതിനെയാണ് ഞാൻ ഈ നുറുക്കം എന്ന് പറഞ്ഞത് ഒരിക്കൽ നുറുക്കം ഉണ്ടായാൽ പിന്നെ ഒരു പ്രശ്നവും അതല്ല അതല്ല ഇതെല്ലാം ഇപ്പോൾ തീർക്കാനായിട്ട് നമുക്ക് സമയമില്ല എങ്കിലും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കർത്താവെ ഞാൻ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി അല്ലെങ്കിൽ വിശുദ്ധ സ്ഥലം അവിടുത്തെ ഉപകരണങ്ങൾ എന്തൊക്കെയാണ് അതിവിശുദ്ധ സ്ഥലത്തെ ഉപകരണം എന്തൊക്കെയാണ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളറിഞ്ഞ് എനിക്ക് പോകാൻ ഒക്കുകയില്ല ഞാനെന്തല്ല കർത്താവേ നിൻ്റെ തേജസ്സിനു മുൻപാകെ കർത്താവിൻ്റെ തേജസ്സിനെ ദിനംതോറും കാണുന്നവരായിട്ടായിരിക്കുമ്പോൾ കർത്താവേ അതൊരു മനോഭാവമാണ് അതൊരു അതൊരു വഴിയാണ് ഒരു മാർഗമാണ് നമ്മൾ ഇവിടെ കാണിച്ച പടത്തിൽ നിന്നുകൂടെ രണ്ട് കാര്യം പറഞ്ഞു വെച്ച് ഇരിക്കാൻ എനിക്കൊരു താല്പര്യം അതിൻ്റെ അകത്ത് അതിവിശുദ്ധ മോസ്റ്റ് ഹോളി പ്ലേസിൽ എന്തുണ്ട് മോസ്റ്റ് ഹോളി പ്ലേസിൽ നിങ്ങൾ കണ്ടോ മറ്റു പലയിടത്തും ഒന്നിലേറെ ഉപകരണമുണ്ട് അതിവിശുദ്ധ സ്ഥലത്ത് ആകെപ്പാടെ ഒരൊറ്റ ഉപകരണമേ ഉള്ളൂ ആ അവിടെ അതിവിശുദ്ധ സ്ഥലത്തെ ഉപകരണം എന്താ സാക്ഷ്യപ്പെട്ടകം എന്ന് പറയുന്നതാണ് ഈ സാക്ഷ്യപ്പെട്ടകത്തെ നമ്മൾ പഠിക്കുമ്പം ആ ഒരു പെട്ടകമാണ് അതൊരു മൂടിയില്ലാത്ത ഒരു പെട്ടകമാണ് എന്നാൽ അതിനൊരു മൂടിയുണ്ട് മൂടിയെന്താ മൂടിയെന്ന് പറയുന്നത് അതിനെയാണ് കൃപാസനമെന്ന് പറയുന്നത് അപ്പോൾ ഈ മൂടിയുള്ള ഉള്ള് പൊള്ളയായ ഈ പെട്ടകത്തിനകത്താണ് എന്തൊക്കെ വെച്ചേക്കുന്നത് ആഹരമൻ്റെ തളിർത്ത പടി വെച്ചേക്കുന്നത് അതുപോലെ മഞ്ഞായിട്ട് വെച്ച പൊൻപാത്രം വെച്ചേക്കുന്നത് അതിൻ്റെ അകത്താണ് മോശയ്ക്ക് കൊടുത്ത കൽപ്പലകൾ വെച്ചേക്കുന്നത് അതിൻ്റെ അകത്താണ് ഇതെല്ലാം ഇതിൻ്റെ അകത്താണ് വെളിയിലെവിടാ വെളിയിൽ ഇതിൻ്റെ ഇപ്പോൾ ഇതാണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ആ മൂടിയാണ് എന്ത് കൃപാസനം കൃപാസനം ദൈവത്തിൻ്റെ ഷെക്കൈനായി എവിടാ ഇറങ്ങി വസിക്കുന്നത് ഈ സാക്ഷ്യപ്പെട്ടകത്തിലാണെന്ന് നമ്മൾ പറയുമ്പം തന്നെ ഈ സാക്ഷ്യപ്പെട്ടകത്തിൻ്റെ കൃപാസനത്തിലാണ് ആ തേജസ് നിൽക്കുന്നത് നിങ്ങൾ ചിലപ്പം സമാഗമന കൂടാരത്തിൻ്റെ ചില പടങ്ങൾ കണ്ടാൽ ചില ചിത്രകാരന്മാർ അങ്ങനെ വരച്ചിട്ടുണ്ട് ആ സാക്ഷ്യപ്പെട്ടകത്തിൻ്റെ ആ മേൽമൂടിയിലാണ് തേജസ് വന്ന് നിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ മേൽമൂടിക്ക് പേരെന്താ കൃപാസന് കൃപാസൻ കൃപ കൃപ ഗ്രെയ്സ് ഗ്രെയ്സ് ഉള്ളിടത്താണ് ദൈവത്തിൻ്റെ സാന്നിധ്യം എന്താ ഇനിയും ഗ്രെയ്സ് കൃപയെന്ന് പറഞ്ഞാൽ എന്താ കൃപയെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ വേഗത്തിൽ ഇങ്ങനെ പറയാം അർഹതയില്ലാത്തടത്ത് ലഭിക്കുന്ന ദാനമാണ് കൃപ ഞാൻ മുമ്പേ പറഞ്ഞതിനെ ഇങ്ങനെ പറയാം ഐ ആം നോട്ട് വർത്തി എന്ന് പറയുന്നത് എന്താ കർത്താവേ എനിക്ക് അർഹതയില്ല എനിക്ക് അർഹതയില്ല എന്ന് പറയുമ്പം അവിടെയാണ് അർഹതയില്ലെന്ന് പറയുന്നിടത്താണ് ഏ അർഹതയില്ലാത്തടത്ത് ചൊരിയുന്ന ദാനമാണ് കൃപ ഗ്രൈസ് അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവർ ഈ കർത്താവിൻ്റെ സാന്നിധ്യം എവിടെ വസിക്കുന്നത് കൃപാസനത്തിലാവസിക്കുന്നത് ഞാൻ മുമ്പേ പറഞ്ഞു എനിക്ക് അർഹതയുണ്ടെന്ന് പറഞ്ഞെടുത്ത് അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലായിരുന്നു എന്നാൽ എനിക്ക് അർഹതയില്ലേ ഞാൻ പാവിയാണേ എന്നെ വിട്ടു എന്ന് പറഞ്ഞെടുത്ത് അവൻ്റെ മേൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വന്നു പാവിനിയായ സ്ത്രീ അവളെ നീതീകരിച്ചു ആ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ ചെന്ന ആ നിലയിൽ ആ ചുങ്കക്കാരനെ നീതീകരിച്ചു അവർക്കെല്ലാം കോമൺ ആയിട്ടുണ്ടായിരുന്നതെന്തായിരുന്നു ഐ ആൻ നോട്ട് വർത്തി ഞാൻ നിൻ്റെ മുമ്പാകെ നിൽക്കാൻ യോഗ്യനല്ല പിന്നെ എങ്ങനെ നിൽക്കാൻ നോക്കും നിൻ്റെ കൃപയാൽ നിൽക്കാൻ ഒക്കും എനിക്ക് യോഗ്യതയില്ല പക്ഷേ നിൻ്റെ ദാനം അർഹതയില്ലാത്തടത്ത് ചൊരിയുന്ന ദാനം ആ കൃപ കൃപയെ അവർ അവരെ ശ്രദ്ധിച്ചു ആ കൃപയിലാണ് അവർ നിന്നത് ഞാനെൻ്റെ വാക്കുകളെ ഇങ്ങനെ ചുരുക്കട്ടെ പ്രിയപ്പെട്ടവരെ നമുക്ക് നമുക്ക് ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ ഈ ഒരു വഴിയാണ് നമ്മളിവിടെ ഒരു ഇവിടെ നമുക്കെന്തില്ല ഇവിടെ നമുക്കൊരു ഹാജര പുസ്തകമൊന്നുമില്ല അല്ലെങ്കിൽ ഒരു എത്ര പേര് ഇവിടെ ഉണ്ട് എണ്ണമോ ഒന്നുമില്ല ഇതൊരു അങ്ങനെ ഒരു വലിയ പരിപാടിയാക്കാൻ നമുക്ക് താല്പര്യമില്ല ഈ ഒരു വഴിയെ പോകാൻ ഈ വഴി കണ്ടെത്തിയിട്ടുള്ള ആളുകൾ അവരെന്ത് ചെയ്യും അവരെ എത്ര പറഞ്ഞ് ബ്രേതറേ നാളെ മുതൽ ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞാലും അവരെന്ത് ചെയ്യും അവരെവിടുന്നേക്കെ ഊത്തുപടച്ച് കയറി വരും എൻ്റെ പൊന്ന് ബ്രേറെ എന്തായി ഇവിടെ എന്തുവാ ഏതാണ്ട് എന്തോ പ്രത്യേകതയുണ്ടോ ഉണ്ടോ ഉണ്ടോ ഉണ്ട് ഈ ഒരു സന്ദേശമാണ് ഇത് ചുറ്റുപാടുകളിൽ പലയിടത്തും ഇല്ല അവിടെയൊക്കെ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് നിങ്ങൾ ആ പന്ത്രണ്ട് വാക്യം കാണാതെ പഠിച്ചോ നാളെ ഇരുപത്തഞ്ച് വാക്യം കാണാതെ പഠിച്ച് മറ്റ് ഒത്തിരി ഈ കാര്യത്തിൽ തന്നെ അവരവരെ എക്സസൈസ് ചെയ്ത് എക്സസൈസ് ചെയ്ത് അവർ വർത്തിയായി ദൈവത്തിന് യോഗ്യരാകാൻ ശ്രമിക്കുക അതല്ല അതിൻ്റെ വഴി അതിൻ്റെ നേരെ എതിരാണ് വഴി ഈ ഒരു കാര്യമാണ് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ക്രൂശിനെക്കുറിച്ച് പറയുന്നത് നിരന്തരം യാഗമാകുന്നതിനെക്കുറിച്ച് പറയുന്നത് ഈ ഒരു സന്ദേശം ഇതുള്ളത് കൊണ്ട് ഇതിനാൽ പിടിക്കപ്പെട്ട ആളുകളെന്ത് ചെയ്യും അവർ എത്ര എല്ലാം വരണ്ടെന്ന് ഇവിടെ വരും എന്നാൽ ഇരുപത്തഞ്ച് കൊല്ലം ഇവിടെ വന്നിട്ടും ഈ കാര്യം ഇതിൻ്റെ ഒരു ക്ലൂ ചിലപ്പോൾ ഈ പിള്ളേരുടെ ഇതിലൊക്കെ ചിലപ്പോൾ ചോദിക്കുക അല്ലേ ഒരു ക്ലൂ തരാമോ ഇത് നിങ്ങൾ എന്നോട് ചോദിക്കുക ഇതിൻ്റെ ഒരു ക്ലൂ തരാമോ ബ്രദറെ ബ്രദറെ ഒത്തിരി ഇവിടെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നത് ഇതിൻ്റെ ഒരു ക്ലൂ എന്ത് ക്ലൂ ഇതാണ് കുഞ്ഞുങ്ങളെ ഇതാണ് ഇതിൻ്റെ ക്ലൂ ഇത് പിടുത്തം കിട്ടിയാൽ ആ നമുക്ക് ഈ വഴി എത്രയും അനുഗ്രഹീതമായി തോന്നും ഈ വഴി ഇത് വേറൊരാടെ മുമ്പാകെയുള്ള ജീവിതമല്ല നമുക്കിവിടെ മൂപ്പന്മാരെയും ആരെയും പ്രസാദിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ ആരെയും നമുക്ക് എന്തു ചെയ്യേണ്ട ഇവിടെ ആരെയും നമുക്ക് പ്രസാദിപ്പിക്കേണ്ട ആകെപ്പാടെ ഒരാളെ മുമ്പായി ജീവിച്ചാൽ മതി ആരുടെ മുമ്പിൽ തമ്പുരാൻ്റെ മുമ്പിൽ പക്ഷേ തമ്പുരാൻ്റെ മുമ്പിൽ ജീവിക്കുമ്പം തമ്പുരാൻ എല്ലാം അറിയുന്ന തമ്പുരാനാണെ ആ തമ്പുരാൻ്റെ മുമ്പിൽ ജീവിക്കുമ്പം അയാൾ വർത്തി ആർക്ക് പറയാനൊക്കും യഥാർത്ഥത്തിൽ ഈ കാര്യം ഒരു പിടുത്തം കിട്ടിയാൽ നമുക്ക് ഈ വഴിയിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയും നമ്മുടെ ഞാൻ ആ വായിച്ച വാക്യം വീണ്ടും ഒന്ന് വായിച്ചിട്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ അവിടെ എന്താ ബുദ്ധിമാന്മാർ എന്തു ചെയ്യും ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയായിരിക്കും എന്നാൽ മറ്റുള്ളവരെന്തു പോകും ലജ്ജിച്ചു പോകും ഒന്ന് യോഹനാൻ രണ്ടിലേക്ക് വരുമ്പം പ്രിയപ്പെട്ടവരെ അവൻ പ്രത്യക്ഷനാകും പ്രത്യക്ഷനാകുമ്പം ഈ വഴിയെക്കുറിച്ചൊരു ബോധ്യമുണ്ടായി നമ്മൾ കർത്താവിനോട് ഇവിടെ വെച്ച് അടുത്ത് എത്രത്തോളം ജീവിക്കുന്നു അതിനനുസരിച്ച് കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് അംഗീകാരം കിട്ടും നമ്മൾ ലജ്ജിച്ചു പോകാനിടയാകാതിരിക്കും എന്നാൽ ചിലരെന്തോ ചെയ്യും ചിലര് അവൻ്റെ സന്നദ്ധിയിൽ ലജ്ജിച്ചു പോകും നമുക്കങ്ങനെ സംഭവിക്കരുത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇതാണ് ഞാൻ എൻ്റെ എനിക്ക് ഇത്രയും നാൾ മനസ്സിലായ എല്ലാ കാര്യവും ഞാൻ നിങ്ങൾ പ്രിയപ്പെട്ടവരുടെ മുമ്പാകെ ഞാൻ പറഞ്ഞു വെച്ചേക്കുന്നത് ഇതാണ് നാളെ ഇപ്പോൾ എനിക്കൊരു താല്പര്യമുണ്ട് വെള്ളം കൊണ്ടുപോകാം കൈയ്യൂടെ കഴിവ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ആരുടെയും രക്തത്തിൽ എനിക്കെന്തില്ല ഇനി പങ്കില്ല ഇതിൻ്റെ അകത്ത് പറയാവുന്നതിൻ്റെ പരമാവധി ഞാൻ പറഞ്ഞു ഇനി ഈ വഴി ജീവിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് തമ്പരാൻ പല അനുഭവങ്ങളിലൂടെയും പല കാര്യങ്ങളിലൂടെയും ഇവിടെ കൊണ്ടുവന്ന് ഒക്കെ കേട്ട് എൻ്റെ ഹൃദയത്തിൽ പകർന്നിരിക്കുന്ന ഇതാണ് സത്യം എന്നുള്ള ആ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് ഇനിയും ഈ കാര്യം എനിക്കറിയാവുന്നിടത്തോളം ഭംഗിയായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പാകെ പറഞ്ഞു ഈ വഴിയിൽ ജീവിക്കുക ഈ വഴിയിൽ ജീവിക്കുക ആരെയും മറ്റൊരാളെ പ്രസാദിപ്പിക്കേണ്ട മനുഷ്യരെ ആരെയും പ്രസാദിപ്പിക്കേണ്ട ഇവിടെ തന്നെ നിൽക്കണമെന്നുണ്ടോ ഇവിടെ തന്നെ നിൽക്കണമെന്നുമില്ല ഈ മാർഗത്തിൽ നിന്നാൽ നമ്മൾ ഓർത്തോണം ഒരു സഭയും പെർഫെക്റ്റായ സഭയല്ല പെർഫെക്റ്റായ സഭയില്ല പൂർണമായ സഭ എന്ന് പറയുന്നത് കർത്താവിൻ്റെ വരവിലേ ഉള്ളൂ എന്നാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ നിലയിൽ ലജ്ജിച്ചു പോകാതെ ഓ ബുദ്ധിമാന്മാരെ പോലെ ജീവിക്കുന്ന ഈ മാർഗം ക്രൂശിൻ്റെ മാർഗത്തിലാണെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചുകൂട്ടം കേരളത്തിൽ ഇതാണെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നത് നമുക്ക് എഴുന്നേറ്റ് വയ്ക്കാൻ ബ്രദർ ഒരു പാട്ടെടുത്തിട്ടുണ്ട് അത് നോക്കി ചേർന്ന് പാടുകയും ചെയ്യാം